അള്ളാഹു സുബഹാനഹുവത്തായ നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്ക് സമാധാന കേന്ദ്രമാക്കി മാറ്റി കന്നുകാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസങ്ങളിലും താമസിക്കുന്ന ദിവസങ്ങളിലും എളുപ്പത്തിൽ കൊണ്ടു വീടുകൾ അവൻ നിങ്ങൾക്കുണ്ടാക്കിത്തന്നു അവയുടെ രോമങ്ങളിൽ നിന്നും രോമക്കൂട്ടങ്ങളിൽ നിന്നും ഒരു കാലത്തേക്കുപയോഗിക്കാവുന്ന ഫർണിച്ചറുകളും ഉപകരണങ്ങളും അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്തു